രാജസം സ്മൃതം വിഷയങ്ങളും ഇന്ദ്രിയങ്ങളും കൂടിയുള്ള കോൺടാക്ടിൽ നിന്നും വരുന്ന സുഖം ഡീപ്പ് സ്ലീപ്പിൽ വരുന്ന സുഖത്തിന് വിഷയങ്ങളും ഇല്ല ഇന്ദ്രിയങ്ങളുടെ ആക്ടിവിറ്റിയും ഇല്ല ശ്രദ്ധിച്ചിട്ടുണ്ടോ അതുകൊണ്ട് ആ സുഖം നമുക്ക് എത്ര കാലം കഴിഞ്ഞാലും ബോറടിക്കണില്ല അല്ലേ എത്ര വർഷമായിട്ട് ഉറങ്ങണു ഇനി എന്തിനാ ഉറങ്ങണത് എന്ന് ഒരുത്തനെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ജനിച്ചത് മുതൽ ഉറങ്ങിക്കൊണ്ടേ ഇരിക്കണു വേറെ പണിയൊന്നുമില്ലേ നിങ്ങൾക്ക് എന്ന് ചോദിക്കരുതോ വേറെ സുഖം എത്ര സുഖമുണ്ട് സുഖിച്ചോണ്ടിരുന്നാ പോരെ എന്തിനാ ഉറങ്ങണത് റെസ്റ്റ് റെസ്റ്റിന് വേണ്ടിയിട്ടൊന്നും അല്ല അതെ റെസ്റ്റ് ആണ് എന്താ റെസ്റ്റ് കൊണ്ട് കിട്ടണത് എന്ന് വെച്ചാൽ എസ്റ്റേറ്റ് വേർ ദോ ഈസ് നോട്ട് ഓപ്പറേറ്റ് അതിനാണ് നമ്മൾ റെസ്റ്റ് എന്ന് വിളിക്കുന്നത് മൈൻഡ് ഈസ് നോട്ട് ഓപ്പറേറ്റ് ആ സുഖം നമുക്ക് ബോറിടിക്കണേ അല്ല മൈൻഡ് ഉപയോഗിച്ച് നേടുന്ന സുഖമൊക്കെ എത്ര വലിയ സുഖമാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ബോറിടിക്കണു മൈൻഡ് ഉപയോഗിക്കാതെ ഉള്ള സുഖം എത്ര അനുഭവിച്ചാലും ഒരേ പോലെയാണ് നിശബ്ദമായിരിക്കണത് നിശ്ചലമായിട്ടിരിക്കണത് സൂര്യോദയം അല്ലെ പഴയ സൂര്യൻ തന്നെ ഇനി എന്താ കാണാനുള്ളതെന്ന് തോന്നുന്നില്ല ഏത് ദിവ്യംന്നുള്ളതിനെ ലക്ഷണം തന്നെ എത്ര പ്രാവശ്യം വായിച്ചാലും പിന്നെ ഇനി വായിക്കും മാതൃഭൂമി പേപ്പർ മനോ മനോരമ പേപ്പർ എല്ലാ പേപ്പറും നമുക്ക് വരണ്ട് നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വായിക്കുന്നുണ്ട് അല്ലെ രസമായിട്ട് വായിക്കണുണ്ട് അന്നത്തെ ന്യൂസ് വളരെ ഫ്രഷാണ് അത് കഴിഞ്ഞിട്ട് അത് ആ പേപ്പർ സ്റ്റോർ ചെയ്ത് വെക്കും പൊതിഞ്ഞു കൊടുക്കാൻ വല്ലതു ഉപയോഗിക്കുന്ന അല്ലാതെ വർഷം മുമ്പത്തെ പത്രമൊക്കെ എടുത്തിട്ട് ഭാഗവത പാരായണത്തിന്റെ കൂടെ വെച്ച് വായിക്കുവോ ഇല്ല എന്താന്ന് വെച്ച അത് ലോക ന്യൂസ് കഴിഞ്ഞു ഈ ഭാഗവതം ഒരു പുതിയ ഭാഗവതം വരാൻ പാടില്ലേ ഇത് ഈ പഴയ ഭാഗവതമേ വായിച്ചു ഭഗവത്ഗീത എത്ര കാലം ഇല്ലേ പഠിച്ചു പഠിച്ചു ഇനി എന്താ പഠിക്കാനുള്ളു തോന്നണേ അത് എന്താ പ്രതിക്ഷണം അവതാമു പൈതീ എപ്പൊ പുതിഷാണ് ഫ്രഷ് അത് ദിവ്യം അപ്പൊ മനസ്സുകൊണ്ടല്ലാത്ത സുഖം ബോറടിക്കില്ല മനസ്സുകൊണ്ടുള്ള സുഖം ബോറടിക്കും ഇന്ദ്രിയങ്ങൾ കൊണ്ടുള്ള സുഖം വിരസമാവും അത് നമ്മൾക്ക് ഹാർട്ടിന് ഇറ്റ് നോട്ട് ടച്ച് ദ സെന്റർ സർഫസിലാണ് അത് സർഫസിലുള്ള പ്ലഷർ കുറെ കഴിയുമ്പോ അതിന് മാക്സിമം എവിടെ കൊണ്ടുപോകും എന്ന് വെച്ചാൽ ഡിപ്രഷൻ അതാണ് വിഷമിവ എന്ന് പറഞ്ഞത് ഡിപ്രഷനിൽ കൊണ്ടുപോകും കോൺഫ്ലിക്റ്റിൽ കൊണ്ടുപോകും അസമാധാനത്തിൽ കൊണ്ടുപോകും ഭയത്തിൽ കൊണ്ടുപോകും റിയാം ഇതൊക്കെ അറിഞ്ഞിട്ടാണ് ഋഷികൾ അപാര കരുണയോടുകൂടെ ഇതൊക്കെ എടുത്തു വെച്ചു ജാഗ്രത ജാഗ്രത ജാഗ്രത ഉത്തിഷ്ട്രത ജാഗ്രത ഭയന്ന് ജീവിക്കൂന്ന് പറഞ്ഞു ഭയം വേണം വേണ്ട സ്ഥലത്ത് ഭയം വേണം എന്ന് പറഞ്ഞില്ലേ ഏതില് ഭയം വേണം എന്ന് വെച്ചാൽ ഈ കുരുടന്മാരുടെ വഴിയിൽ പെട്ടുപോകരുത്ത അതിൽ ഭയം വേണം അതുകൊണ്ട് അത് ജാഗ്രതയായിട്ട് ജീവിച്ചുകൊള്ളുന്നു അപ്പോ ഒരു വിഷയേന്ദ്രിയ സംയോഗജന്യമായ സുഖം അപ്പൊ അതിന് വിഷയങ്ങളെ മുഴുവൻ വിട്ടുകളയാൻ പറ്റുമോ പറ്റില്ല അതുകൊണ്ട് ധർമ്മത്തിന്റെ വരം വിട്ടു ഈ വരമ്പിന്റെ ഉള്ളില് നീ സുഖം അനുഭവിച്ചു അത് പ്രവൃത്തിധർമ്മം പുറത്ത് കാലു വെക്കരുത് ഈ വരമ്പിന്റെ ഉള്ളില് നീ സുഖമായിട്ടിരുന്നോളൂ അത് പക്ഷെ ഒരു മീഡിയോക്കർ മാത്രാണ് ഏത് സുഖമാണോ ഒരു കാരണവശാലും വിരസമാവാത്തത് ആ സുഖം നേടിയെടുക്കാനായിട്ട് ഉള്ളിൽ പരിശ്രമിക്കുമ്പോൾ നമുക്ക് വിഷമം തോന്നും ഇന്ദ്രിയങ്ങളെ പിടിച്ച് നട നിർത്തുമ്പോൾ ചൂടുപിടിക്കും മനസ്സ് വിഷമിക്കും അതുകൊണ്ട് അതിന് തപസ് എന്ന പേര് ചൂടുപിടിക്കണത് അങ്ങനെ ചെയ്ത് നേടിയെടുക്കുന്ന സുഖത്തിന് അത് സുഖമാ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ സാത്വിക സുഖം മനസ്സ് പ്രസന്നമായി ഇന്ദ്രിയങ്ങളൊക്കെ പ്രസന്നമായി അങ്ങനെ പക്വപ്പെടുത്തിയ മനസ്സും ഇന്ദ്രിയമും അവസാനം ശരീരം തളർന്നുപോയാ പോലും വാർദ്ധക്യ ദശയിൽ ഒന്നിനും വയ്യാതായി കിടപ്പാകുമ്പോ ആത്മബുദ്ധി പ്രസാദം ഉള്ളിൽ നല്ല പ്രസാദം ആത്മപ്രകാശം ആത്മാനുഭവം ഒന്നും ജപിക്കാൻ പറ്റില്ല ധ്യാനിക്കാൻ പറ്റില്ല നടക്കാൻ വയ്യ വെറുതെ കിടക്കുമ്പോ പലരും പറഞ്ഞിട്ടുണ്ട് നല്ല മഹാപുരുഷ സമ്പർക്കമുണ്ടായ വലിയ ആളുകളൊക്കെ അവസാന കാലത്ത് ഒന്നിനും വയ്യാതെ കിടക്കുമ്പോൾ കുറച്ചു കാലം മുമ്പ് ഒരു ബോംബെയിലെ ഒരു വയസ്സായ ആളെ കാണുമ്പോ ഒന്നിനും വയ്യ ബെഡിൽ തന്നെയാണ് ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു ഉള്ളിലൊരു ജ്യോതിയേ ഉള്ളൂ കണ്ണു തുറന്നാലും കണ്ണ് മൂടിയാലും അതേ ഉള്ളു ആത്മബുദ്ധി പ്രസാദനം പ്രസന്നത ശാന്തി ശരീരത്തിന്റെ പ്രാരബ്ധത്തിനെ ആർക്കും ഇല്ലാതെയാക്കാൻ പറ്റില്ല പക്ഷെ കൃതകൃത്യത ഉള്ളില് മാറിപ്പോകാത്ത ഒരു അനുഭൂതി അനാവരണം ചെയ്തു ശരീരത്തിൻ്റെ പ്രാര ശരീരം ഓട്ടത്തോണിയാണ് അത് എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ചതിക്കും ഏതെങ്കിലും സമയത്ത് കൈവിട്ടു ഒന്നും അതിനെ പെർഫെക്റ്റായിട്ട് വെക്കാൻ ഒരു മെത്തേഡ് ഇല്ല എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു ഞാൻ വളരെയധികം നാച്ചുറോപ്പത്തിയും മറ്റു പലതുമൊക്കെ ചെയ്തു എക്സസൈസ് ചെയ്തു യോഗ ചെയ്തു വളരെ കെയർഫുള്ളായിട്ട് ബോഡി വെച്ചുകൊണ്ടിരുന്നു പക്ഷെ എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യം നടന്നു എന്താന്ന് വെച്ചാൽ ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് കൈയും കാലും ഒന്നും അനക്കാൻ പറ്റാതായി ഇത് കണ് മുമ്പിൽ കണ്ടതേയില്ല ബാക്കിയൊക്കെ നമ്മൾ വരുത്തി കൂട്ടാതെ ഇരിക്കാനുള്ളതൊക്കെ നോക്കി പക്ഷെ ഈ ദൈവം ഇതാണ് പഞ്ചമഹേതു അപ്പൊ നമ്മൾ എന്തു ചെയ്യും അല്ലേ നമ്മൾ കാണുകയില്ലല്ലോ നമ്മള് ആണ് നമ്മള് കോൺഷ്യസ് കാറ് ലൈസൻസ് എടുക്കണം നന്നായിട്ട് ഓട്ടണം ഇടതുവശത്തോട്ടണം മുമ്പിൽ വരുന്ന ആള് നമ്മൾ എന്ത് അയാൾ ഏത് സ്ഥിതിയിൽ വരണോ ആർക്കറിയും അത് നമ്മളെ കണ്ടില്ലേ ഇല്ലല്ലോ അപ്പോ ഈ ശരീരം മനസ്സ് പ്രപഞ്ചം ഇതൊക്കെ നമ്മളുടെ കയ്യിൽ ഇല്ലെങ്കിലും നമ്മളെ വിട്ടുപോവാത്ത ഒരു പ്രസാദമുണ്ട് ആത്മാവിന്റെ പ്രസാദം ശാന്തി നിർവിശേഷമായ ശാന്തി ആ ശാന്തിയെ നേടിയെടുക്കണമെങ്കില് കുറച്ച് കുറച്ച് ഇന്ദ്രിയങ്ങളുടെ ദ്വാരം അടച്ച് മനസ്സിന്റെ ദ്വാര അടച്ചപ്പുറം കിടന്ന് ആ സുഖത്തിനെ ഒന്ന് തുറന്ന് എടുക്കണം കൂട്ട് തുറന്ന് എടുക്കാം ഞാൻ ആരാണ് ഞാൻ എന്താണ് ഞാൻ ഈ ശരീരമാണോ മനസ്സാണോ ബുദ്ധിയാണോ എന്ന് പറയും ചകഞ്ഞ് ചകഞ്ഞ് ചകഞ്ഞു ഉള്ളിലാഴ്ന്നു മുങ്ങി പോകുമ്പോ ഞാൻ എന്ന് പറയുന്നത് ഇതിനപ്പുറമുള്ള പൂർണ്ണ ബോധമാണ് സച്ചിദാനന്ദമാണ് ശിവമാണ് എന്ന് സാക്ഷാത്തായിട്ട് അപരോക്ഷമായിട്ട് അനുഭവത്തിൽ വരുമ്പോ അത് സാത്വികം സുഖം ആ സുഖം നിങ്ങൾ ഇന്ദ്രിയങ്ങളെ ഉപയോഗിച്ച് നേടിയതല്ല മനസ്സിനെ ഉപയോഗിച്ച് നേടിയതല്ല മനസ്സിനെ അതിൻ്റെ സോഴ്സിൽ തിരിച്ചയക്കുകയാണ് ഉദിത്തൽ ഇടത്തിൽ ഒടുങ്ങിയിരുത്തൽ ഉദിക്കുന്ന സ്ഥലത്ത് മനസ്സിനെ തിരിച്ചടക്കി അവിടെയുള്ള സുഖം ഒരു കർമ്മജന്യമല്ല ചിത്തവൃത്തിജന്യമല്ല ഐന്ദ്രിയമല്ല അത് ആത്മാവിന്റെ സ്വരൂപമായ സ്വാഭാവികമായ സുഖമായതുകൊണ്ട് അത് സാത്വികമായ സുഖമാണ് മറ്റേത് വിഷയേന്ദ്രിയ സംയോഗജന്യമായ സുഖമുണ്ടല്ലോ അത് ദുഃഖമാണ് ഈ സാത്വിക സുഖം ശ്രവണം മനനം നിധിധ്യാസനം യോഗാനുഷ്ഠാനങ്ങളൊക്കെ കൊണ്ട് പതുക്കെ മനസ്സിനെ സമാധിസ്ഥിതിയിലിരുത്തി തന്നെ അനുഭവിക്കണം ഇതാണ് ശങ്കരാചാര്യര് പറഞ്ഞു ജ്ഞാന വൈരാഗ്യ ധ്യാന സമാധി ആരംഭേ അത്യന്ത ആയാസപൂർവകത്വാ ജ്ഞാനമും വൈരാഗ്യത്തോടും കൂടെ ധ്യാനം ചെയ്ത് സമാധിസ്ഥിതിയിൽ ചിത്രത്തിന് ഇരുത്താൻ ശ്രമിക്കുമ്പോൾ വളരെ ആയാസം തോന്നുന്നത് കൊണ്ട് പിന്നെ ആ സമാധിസുഖം കിട്ടുമ്പോൾ പരിണാമേ ജ്ഞാനവൈരാഗ്യാതി പരിപാകജം ജ്ഞാനവൈരാഗ്യങ്ങൾ പരിപാകപ്പെട്ട് പക്വമായി കഴിയുമ്പോ അമൃതോപമം അത് പരിപാകപ്പെട്ട് വന്നു കഴിയുമ്പോ അമൃത തുല്യമായിട്ട് അമൃതത്വം പോ ഹൃദയത്തില് അനുഭവപ്പെടുന്നു അതുകൊണ്ടാണ് ജ്ഞാനേശ്വരൻ മരാട്ടിയിലൊരു പുസ്തകം ഉണ്ട് അമൃതാനുഭവ ആത്മാനുഭവത്തിന് പേര് എന്താ അമൃതാനുഭവം ആ പുസ്തകത്തിന്റെ പേര് തന്നെ അമൃതാനുഭവമാണ് അമൃതത്വത്തിന്റെ അനുഭവം അതിനുള്ള സാധ്യത നമ്മളുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് ഉപനിഷത്ത് പറഞ്ഞു എല്ലാവരും കേൾക്കൂന്ന് പാപികളെ കേൾക്കൂ എന്ന് പറഞ്ഞില്ലേ അന്യേ ശൃണ്വന്തു വിശ്വേ അമൃതസ്യ പുത്രാഹ എന്ന് അമൃതന്ദ രുമ കിടാങ്ങണേ ശൃണവൻ വിശ്വേ അമൃത പുത്ര ആയധാമാനി ദിവസ് വേദം എത്തും പുരുഷം മഹിത്യവർണ്ണം തമസ പരസ് ശൃവന്തു വിശ്വ അമൃത പുത്ര വിവേകാനന്ദ സ്വാമി ഈ ഉദ്ബോധന സംബോധനയാണ് എടുത്തത് നിങ്ങളെ ഞാൻ പാപിയെന്നോ ദുഷ്ടനെന്നോ വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഉപനിഷത്ത് വിളിച്ചു നിങ്ങളൊക്കെ അമൃതസ്യ Children of immortality. ഇമോർട്ടാലിറ്റി അമൃതാനന്ദം നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നു അമൃതാനുഭവം ഉറങ്ങിക്കിടക്കുന്നു മരണമില്ലായ്മയെ കണ്ടെത്താൻ ഒക്കും ആ മരണമില്ലാത്ത വസ്തു ഉള്ളിലുണ്ട് അതിനെ ജ്ഞാനമും വൈരാഗ്യമും വളർത്തി ध्यानमेत ध्यानमच्च एन नचार्य समीपे श्रवण चेत भक्ति ज्ञान वैराग्योकू आत्मतत्व कत्मा स्वरूपमेंदाण अक मननम चेत अधान उथार्थ साइट आत्मस्वरूप അനുഭവിക്കുമ്പോൾ സമാധി എന്ന് പേര് ആ നിർവികല്പ സമാധിയില് ഹൃദയത്തില് ആ ബുദ്ധി ആത്മാവിനെ അവലംബനം ചെയ്യുന്നു പിടിക്കുന്നു ആത്മവിഷയാ ആത്മാവലംബനാ ബുദ്ധി ആത്മബുദ്ധി ആത്മാവിനെ അവലംബിക്കുന്ന ബുദ്ധി ഈ ബുദ്ധിക്ക് ശക്തി ഉണ്ടെന്നാണ് അതുകൊണ്ടാണ് മനുഷ്യന് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോ ഭഗവാന് സന്തോഷായി എന്നാണ് ഭാഗവതം പറയുന്നത് ബാക്കി സൃഷ്ടിയൊക്കെ ചെയ്തിട്ട് തൈ അതുഷ്ട ഹൃദയ അതിലൊന്നും സന്തോഷം വന്നില്ല യാത്രേ പുരുഷം വിധായ മനുഷ്യ ശരീരം ഉണ്ടാക്കി അപ്പൊ സന്തോഷായി എന്താന്ന് വെച്ച ബ്രഹ്മാവലോകധിഷണം മുദമാപദേവ ബ്രഹ്മാവലോക ധിഷണം ധിഷണ ഇവന്റെ ഉള്ളിൽ ബുദ്ധിയുണ്ട് ആ ബുദ്ധിക്ക് ആഴ്ന്ന ഉള്ളിൽ അഗാധമായിട്ട് ഇറങ്ങി ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറമുള്ള ആ സുഖത്തിനെ ആത്മാവന്റെ സ്വരൂപത്തിനെ തൊട്ടറിയാൻ അതിന് കഴിയുമെന്നുള്ളത് മുദമാപദേവ ആ ദേവൻ സന്തോഷിച്ചു എന്നാണ് അങ്ങനെ വരുമ്പോ സാത്വികം പ്രോക്തം സാത്വികം നൈർമല്യം സലിലവത് സ്വച്ഛത നിർമ്മലമായി നല്ല തെളിഞ്ഞ വെള്ളം പോലെ ചിത്തം സ്വച്ഛം പ്രസന്നമായിട്ട് തീരുന്നു അങ്ങനെയുള്ള ആ സുഖത്തിനെ സാത്വികം എന്നു പറഞ്ഞു വിഷയേന്ദ്രിയ സംയോഗജജന്യമായ സുഖത്തിനെ രാജസം എന്ന് പറഞ്ഞു എന്തുകൊണ്ടെന്ന് വെച്ചാൽ വിഷയങ്ങളും ഇന്ദ്രിയങ്ങളും കൂടിയുള്ള ചേർക്കയിൽ വരുന്ന സുഖം നമ്മളുടെ വീക്ക്നസ് ആണ് അത് നമ്മളുടെ ബലത്തിനെ കുറെ ക്ഷയിപ്പിക്കും വീര്യത്തിനെ ക്ഷയിപ്പിക്കും രൂപം വികൃതമായിട്ട് തീരും പ്രജ്ഞ മന്തിക്കും മേധാശക്തി കുറച്ചു കുറച്ചായിട്ട് കുറഞ്ഞു വരും ധനവും നഷ്ടമാവും ഉത്സാഹവും പോവും ഇത്രയും ശങ്കരാചാര്യർ ഈ വിഷയേന്ദ്രി സംയോഗജന്യമായ സുഖത്തിന് എന്താ കൊഴപ്പം ചോദിച്ചാൽ ബല വീര്യ രൂപ പ്രജ്ഞ ഹാനി ഹേതുവാത്ത് ഇത്രക്കും ഹാനി വരുത്തുന്നതാണ് ബാക്കിയൊക്കെ പോട്ടെ പണം പോകും പ്രജ്ഞാമേധ എന്നൊക്കെ പറഞ്ഞാൽ അതെന്തും മരുന്നിന് ആയുർവേദ മരുന്നിന്റെ പേരാണെന്നാണ് പലരും ധരിച്ചിട്ടുള്ളത് മരുന്ന് കടയിൽ ആയുർവേദ കടയിൽ കിട്ടുന്ന സാധനമാണ് എന്തു പ്രജ്ഞ മേധ എന്ന് പറഞ്ഞാൽ അത് ജ്ഞാനം നമ്മളുടെ ബുദ്ധിയുടെ സാ കാര്യങ്ങളാണ് പറഞ്ഞു മേധ എന്ന് പറഞ്ഞാ അതീ ദശമൂലാരിഷ്ടം പോലെ എന്തോരു സാധനം അല്ലെങ്കിൽ ഇതിനൊക്കെ ഹാനി വന്നുപോകും മേധാശക്തി ഇതിനെയൊക്കെയാണ് ഋഷികൾ ഉപാസിച്ചതേ ദേവതയായിട്ടെ മേധാദേവി ജുഷമാണാ വിശ്വാചി ഭദ്ര ആ മേധാദേവിയോട് പറഞ്ഞു നീ ഒന്ന് തൊട്ടാലേ ഞങ്ങള് ഋഷികളാവും ത്വയാ നീ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ ഋഷിർഭവതി ദേവി ഋഷിയായിട്ട് തീരും ഋഷിയായാൽ എന്താവും ബൃഹദ്വദേ പറയും എന്നാണ് നീ തൊട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ഋഷിയാവും ഋഷിയായി കഴിഞ്ഞാൽ ഞങ്ങളുടെ വായിൽ നിന്നും ബൃഹദ്വദേ ആ ബൃഹത്തിനെ ഞങ്ങൾ പറയും അഖണ്ഡമായിട്ടുള്ളതിനെ ഞങ്ങൾ പറയും പൂർണത്തിനെ ഞങ്ങൾ പറയും എന്നു അങ്ങനെ ആ മേധയ്ക്ക് ഹാനി വരും വീര്യം വീര്യം എന്ന് വെച്ചാൽ ഈ ആത്മജ്ഞാനത്തിന് ബലം വരണമെങ്കില് നല്ല ധർമ്മം വേണം ഇന്ദ്രിയനിഗ്രഹം മനോനിഗ്രഹം ബ്രഹ്മചര്യാദി ശക്തികൾ എത്ര കണ്ട് പ്രബലമായിട്ടുണ്ടോ അത്ര കണ്ട് ആത്മജ്ഞാനം വീര്യവത്തായിട്ട് തീരും വീര്യവത്ത് എന്നു വെച്ചാൽ ആത്മാനുഭവത്തിൻ്റെ ബലം കൊണ്ട് വിഷയങ്ങൾ ഇയാളുടെ മേലെ കയറിയിരിക്കാതെ തള്ളിമാറ്റാനുള്ള ശക്തി ഉണ്ടാവും അനഭിഭവത്വം വീര്യം എന്നാണ് അപ്പം വീര്യം രൂപം ശരീരത്തിൻ്റെ സൗന്ദര്യമും തേജസ്സും ഒക്കെ തന്നെ ഈ ബ്രഹ്മവർച്ചസ് അതും ക്ഷയിച്ചുപോകും അല്ലേ കുറെ കഴിയുമ്പോഴേക്കും ആളുകൾ നോക്ക നായും പട്ടിയും പശുവൊക്കെ പോലും തന്നെ വയസാവും തോറും ഒന്നിനും കൊള്ളാതായിട്ട് തീരുണ്ട് അല്ലേ എന്താന്ന് വെച്ചാൽ ആ രൂപത്തിനും ഹാനി വരും കൊച്ചു കുട്ടികളുടെ ബ്യൂട്ടി വലുതാവുമ്പോൾ എല്ലാ കുട്ടിയിൽ കുരങ്ങും ഭംഗിയായിട്ടിരിക്കും എന്ന് പറയും അല്ലേ ഈശ്വരൻ സൃഷ്ടിക്കുമ്പോൾ എല്ലാം സുന്ദരം നമ്മളാണ് അതിനെ അലങ്കോലമാക്കി തീർക്കുന്നത് അല്ലേ ഈശ്വരൻ സൃഷ്ടിക്കുന്നതെല്ലാം നല്ല സുന്ദരമാണ് നമ്മളെ കൊണ്ടാവണത് എന്താന്ന് വെച്ചാൽ ജീവിച്ച് ജീവിച്ച് നമ്മൾ ചെയ്യണത് അത് കേടുവരുത്തും കേടുവരുത്തി വയസ്സാവും അപ്പൊ ഭഗവാൻ അതിനെ പൊട്ടിച്ചിട്ട് വീണ്ടും ബേബിയാക്കും ഭഗവാൻ ഇഷ്ടം ശിശുവാണ് ശിശുവായിട്ടിരിക്കുമ്പോ ഫ്രഷാണ് നമ്മൾ ജീവിക്കുമ്പോ നമ്മൾ വയസ്സന്മാരായിട്ട് തീരും കയ്യാതായിട്ട് തീരും ഒന്നിനും കൊള്ളാതായിട്ട് തീരും അപ്പൊ ബല വീര്യ രൂപ പ്രജ്ഞ മേധാ ധന ഉത്സാഹ അല്ലേ വയസ്സാവുമ്പോ എന്തിനു ഉത്സാഹം ഉണ്ടാവും ഒന്നിനുസാഹ ഉണ്ടാവില്ലേ ആർക്കെങ്കിലും ഉത്സാഹം ഉണ്ടെങ്കിൽ ഇവരുടെ ഒരേ ഒരു ധർമ്മം അതിൽ പച്ചവെള്ളം ഒഴിക്കുക ഇതിനൊന്നും ഇപ്പൊ ഒന്നും ആയിട്ടില്ലാതിരിക്കണം പൈഭാഗം പറഞ്ഞേക്കാക്കണം ഒന്നും ചെയ്യാൻ പാടില്ലേ എന്നിട്ട് ഉത്സാഹത്തിന് ഹാനി വരുത്തും എന്നാണ് അധർമ്മ തജ്ജനിത നരകാതിഹേതുത്വ അതയ്യോ അത് വായിച്ചില്ലേ ഞാൻ ശങ്കരാചാര്യർ പറയണു ഈ ഇന്ദ്രിയ സംയോഗമായി ഇതിൽ ഓവറായിട്ട് അങ്ങടേക്ക് പോയി കഴിഞ്ഞാൽ അധർമ്മം ചെയ്യും മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് പറിച്ചെടുക്കാൻ നോക്കും അതിൽ നിന്നും നരകത്തിലേക്ക് പോകേണ്ടി വരും നരകാതിഹേതുത്വാ എന്ന് പറഞ്ഞു അപ്പോ നരകം എല്ലാ ദുഃഖത്തിനുമുള്ള സ്ഥലമാണല്ലോ അത് അങ്ങനെ ഉണ്ടോ ചോദിച്ചാൽ അത് മരിച്ചു കഴിഞ്ഞിട്ട് വേണം നോക്കാൻ ചിലപ്പോൾ പോകുമ്പോൾ നല്ല പരിചയം ഉണ്ടാവും ആ ഭീതികളൊക്കെ നല്ലവണ്ണം അറിയാം എത്ര പ്രാവശ്യം പോയിട്ടുണ്ടാവും ആരെന്ത് കണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ നല്ല പരിചയം തോന്നും അവിടുത്തെ കാവൽക്കാരും മുതൽ ഗേറ്റ് കീപ്പർ മുതൽ എല്ലാവരെയും അറിയും ഇപ്പൊ അറിയണമല്ലേ ഉള്ളൂ മരിച്ചു കഴിഞ്ഞാൽ അറിയുവായിരിക്കാം യമൻ പറഞ്ഞു ഘടോപനിഷത്തില് ഈ അദ്വൈതജ്ഞാനം വരുന്നവരക്കും ഇവിടെയുള്ള ഓരോരുത്തരും എൻ്റെ അടുത്ത് വന്നും പോയും കൊണ്ടിരിക്കും സീസൺ ഡിക്കറ്റ് ഇത് അറിയുന്നവരക്കും പുനഃ പുനഃ വശമാവ പശ്യത്തി നാനാത്വം കാണുന്നവരെ മൃത്യുവിൽ നിന്നും മൃത്യുവിൽ നിന്നും മൃത്യുവിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും അപ്പോ അത് രാജസം ഇനിയിപ്പൊന്ന് കിടക്കണു താമസം നമ്മൾക്ക് എവിടെ നിന്ന് ഈ വാക്ക് മലയാളത്തിലേ താമസമുണ്ടോ എവിടെ താമസിക്കുന്നത് ഇന്ന സ്ഥലത്താണ് താമസം നോക്ക് വാക്കാണ് സുഖമായിട്ട് താമസിക്കണം അതെങ്ങനെ വന്നു അറിഞ്ഞില്ല ഈ രണ്ടു മൂന്ന് വാക്കുകൾ മലയാളത്തില് സോഴ്സ് സംസാരം അവൻ സംസാരിച്ചു വർത്തമാനം പറയണതിന് പേര് സംസാരമാക്കി ആരോ ഒരു രസികൻ കണ്ടുപിടിച്ചതാണ് വാക്ക് അപ്പോ ോഹനമാദ്യത്തത് തുടക്കത്തിൽ വിഷമം അവസാനത്തില് സുഖം രണ്ടാമത്തത് തുടക്കത്തിലെ സുഖം അവസാനത്തില് വിഷമം ഇത് തുടക്കത്തിലും അവസാനത്തിലും ഏത് അഗ്രഹിച്ച അനുബന്ധിച്ച പറഞ്ഞത് അതായത് ഓർക്കത്തിൽ നിന്ന് എണീറ്റിട്ട് വേണ്ടേ വേറെ എന്തെങ്കിലും വരാൻ അപ്പോ മടിയൻ മല ചുമക്കും എന്ന് പറഞ്ഞപ്പോ ഒരു കുട്ടി എടുത്ത് ഒരു മാഷ് പറഞ്ഞു കുട്ടികളെ മടിയരുത് മടിയൻ മല ചുമക്കും അപ്പൊ കുട്ടി മടിയേനെ മല ചുമക്കാനും മടിയായിരിക്കുമല്ലോ മടിയനെ മല ചുമക്കാൻ മടി പോയിട്ട് വേണ്ടേ മടിയനെ മല ചുമക്കാനും മടിയായിരിക്കുമല്ലോ അപ്പൊ അത് എവിടെയെങ്കിലുമൊക്കെ കഴിഞ്ഞിട്ട് വേണ്ടേ അല്ലേ അപ്പൊ അഗ്രേച്ച അനുബന്ധ തുടക്കത്തിലും ഒടുക്കത്തിലും സുഖം മോഹനമാത്മനഹ ആത്മാവിനെ പൂർണമായും മറച്ചു കഴിഞ്ഞ് അവിദ്യയെ മുമ്പിൽ കൊണ്ടുവന്ന് നിദ്ര ആലസ്യ പ്രമാദോത്ഥം നിദ്ര ഉറക്കം ആലസ്യം ഊരിചാഡ്യത ഒരുമാതിരി ആലസ്യം അവസാധനം കൈയും കാലമൊന്നും വരില്ല ഒന്നും ചെയ്യാൻ വയ്യ നടക്കാൻ വയ്യ പ്രവൃത്തി ചെയ്യാൻ വയ്യ ഒന്നിനും ഉത്സാഹമില്ല പ്രമാദം എന്ന് വെച്ചാൽ ഹീഡ്ലെസ്നെസ് ബ്രെയിൻ സെന്റർ ക്ലോഗാണ് എന്ത് നല്ല കാര്യം കേട്ടാലും തലകീഴായിട്ട് മനസ്സിലാക്കും മുമ്പേ പറഞ്ഞുവല്ലോ അല്ലേ അഗ്രേ അധർമ്മം ധർമ്മം ഇതി മന്യത്തെ ൃത അതാണ് പ്രമാദം പ്രമാദം എന്ന് പറഞ്ഞാൽ ഇപ്പൊ തമിഴില് പ്രമാദമായി ഇരിക്കുന്നു പറയും അത് എവിടുന്ന ആ വാക്ക് അതൊരു കുഴപ്പം പ്രമാദം എന്ന് അബദ്ധം എന്നാണ് അജ്ഞാനം എന്നാണ് അർത്ഥം അത് പോയിട്ട് പാട്ട് പ്രമാദം അത് ഇങ്ങനെ വന്നു പറഞ്ഞില്ലേ അത് തെറ്റായൊരു വാക്കാണത് ഇപ്പൊ പ്രമാദം എന്ന് പറഞ്ഞാൽ പതിക്കുക അജ്ഞാനത്തിൽ ആ അജ്ഞാനത്തിന് മറ്റൊരു പേരാണ് പ്രമാദം തെറ്റായിട്ട് ധരിക്കുക സ്കലിക്കുക പ്രമാദോ ബ്രഹ്മനിഷ്ഠായം ന കർത്തവ്യ കഥാച്ചന പറഞ്ഞു കൊടുത്തു ഒരു ക്ഷണനേരം പോലും ബ്രഹ്മവിചാരത്തിൽ നിന്നും മാറിയിരിക്കരുത് ഒരു ക്ഷണനേരം മനസ്സ് മാറിയാൽ പോലും വീണുപോയേക്കാം പ്രമാദോ ബ്രഹ്മനിഷ്ഠായം നഖ് കർത്തവ്യ പ്രമാദോ മൃത്യു പ്രമാദോ വൈ മൃത്യുഹു നോക്കൂ പ്രമാദോ വൈ എന്ന് സനത്സുജാതീയം പ്രമാദമാണ് മൃത്യു എന്ന് സനത്സുജാതീയത്തിൽ മഹാഭാരതത്തിൽ പറഞ്ഞു പ്രമാദം എന്ന് പറഞ്ഞാൽ ഒരു ഗുരുവിനെ സമീപിക്കാതിരിക്കുകയും വേദാന്ത ശ്രവണം ചെയ്യാതിരിക്കുകയും ഗീത പഠിക്കാതിരിക്കുകയും ഈ ജ്ഞാനത്തിൽ രുചിയില്ലാതിരിക്കുകയും ഇതൊക്കെ പ്രമാദത്തിന്റെ ലക്ഷണമാണ് ഇത് നേരിട്ട് മരണത്തിലേക്ക് കൊണ്ടുപോകുന്ന ബസ്സാണ് പ്രമാദോ മൃത്യു എന്ന് പറഞ്ഞു സനസുജാതൻ ബുദ്ധൻ ധർമ്മപഥത്തില് പറഞ്ഞു പമാതോ മച്ചുന പദം എന്നാണ് ഇതാണ് പാലി പാലി ഭാഷയാണത് പമാതോ മച്ചുന പദം എന്ന് പറഞ്ഞു അതായത് പ്രമാദം മൃത്യുവിന്റെ വഴിയാണ് പമാദോ മച്ചുനപദം എന്ന് പറഞ്ഞു ഒക്കെ ഒരേ ഉപദേശമാണ് ബുദ്ധൻ്റെ ധർമ്മപഥം മുഴുവനും രജുസർപ്പ വിഭ്രാന്തിയും വേദാന്ത വിജ്ഞാനമും ഒരു ഒരു ഇത് കാര്യം നോക്കിയാൽ ബ്രാഹ്മണ എന്ന് പറഞ്ഞിട്ട് ധർമ്മപഥത്തിൽ ഒരു വർഗം വർഗം എന്ന് വെച്ചാൽ ഒരു അധ്യായമാണ് ബ്രാഹ്മണന്റെ ലക്ഷണം എന്താണ് ബ്രാഹ്മണൻ എങ്ങനെ ഇരിക്കണം എന്നൊക്കെ ബുദ്ധൻ പറയുന്നുണ്ട് ഈ ബുദ്ധമതം എന്ന് നമ്മൾ ഇന്ന് വിളിക്കണത് ബുദ്ധന്റെ കാലം കഴിഞ്ഞിട്ട് തുടങ്ങിയതാ ബുദ്ധൻ വേദാന്തിയായിരുന്നു അദ്വൈതിയായിരുന്നു ജ്ഞാനിയായിരുന്നു യോഗിനാം ചക്രവർത്തി അപ്പോ പ്രമാദം എന്ന് പറയണത് മൃത്യുവിനുള്ള വഴിയാണെന്ന് അജ്ഞാനത്തിനുള്ള വഴിയാണ് ഈ അജ്ഞാനത്തിൽ മുങ്ങി ഇരിക്കുക എന്ന് പറയുന്നത് മൃത്യുവിനുള്ള വഴിയാണെന്ന് പ്രമാദത്തിനെ പറഞ്ഞു ഒരു വിധത്തിലും ചലിക്കില്ലാന്ന് ഇനിയും ജീവിക്കണോ തിന്നണോ ഒരേ വിധത്തില് ഭാരതിയാലൊരു പാട്ടില് പറയണ്ട് ഈ അഗ്രഹാരത്തില് ഉള്ള ആളുകളെ വെച്ചുകൊണ്ടാണ് പറയണത് തിണ്ണയിൽ ഇരുന്നു കൊണ്ട് കിട്ടിയത് എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ട് ഇവരെയും അവരുടെയും തല ഉരുട്ടിക്കൊണ്ട് കാളിയെ കുറിച്ച് പാടുമ്പോ പറയാണ് പാട്ടെനിക്ക് ഓർമ്മ വരണില്ല ഉം ചിന്നഞ്ചിത് കഥ പേശി നിതം ചുവറു തിണ്ണ് പറഞ്ഞു വരും ആ മറ്റുള്ളവർക്ക് പല കുഴപ്പങ്ങൾ ആരെങ്കിലും കുറ്റം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന പോലെ ഞാനും അവരെ പോലെ ഇരിക്കുമെന്ന് നീ ധരിച്ചു കാളിന്ന് ചോദിക്കുകയാണ് കാളിയോട് അങ്ങനെയാണ് ആ പാട്ട് അപ്പോ അതാണ് പ്രമാദം അതായത് ലൈഫിന് ഒരു പർപ്പസേ ഇല്ല പർപ്പസ് എന്തെങ്കിലും മുമ്പിൽ കൊണ്ടു കൊടുത്തേ ഇതൊക്കെ വെറുതെ എന്തിനേം കുറ്റം പറയും ഒന്നിലും ഒരു രുചി ഇല്ല ഹയർ ഐഡിയൽസിൽ ഒരു പ്രവേശവും ഇല്ല റിട്ടയർ ആയി കഴിഞ്ഞാൽ മുമ്പിൽ ഒന്നുമേ ഇല്ല അതിനാണ് പ്രമാദം എന്നുപേര് ലൈഫില് ഹയർ ഐഡിയൽ പോയി ഭഗവത് സാക്ഷാത്കാരം എന്നുള്ളത് പോയി അധ്യാത്മ ജീവിതം എന്നുള്ളത് മുമ്പിൽ ഇല്ല അപ്പൊ എന്ത് ചെയ്യും പലർക്കും ഭൗതിക ജീവിതം അവരുടെ മുമ്പിൽ പോയി കഴിഞ്ഞാൽ ശൂന്യമാണ് ഹൊറാണ് എന്താന്ന് വെച്ചാൽ ഒക്കെ പിന്നെ എന്ത് ചെയ്യും പിന്നെ വാട്ട് ഈസ് ദ പെർപ്പസ് പർപ്പസ് ഉണ്ടായിരുന്നത് ഭാര്യ കുട്ടികള് മക്കള് പേരെ ഒന്നും മുമ്പിൽ എന്ത് ചെയ്യും മറ്റേ വഴി എന്താണെന്നേ അറിയില്ല ആ അറിയായം ഉണ്ടല്ലോ അതാണ് പ്രമാദം ആ പ്രമാദം എവിടുന്നു വന്നു തമോ ഗുണം തമോ ഗുണത്തിന് കാരണം എന്ത് വളരെ സിമ്പിൾ അടുക്കളയാണ് ഒരു മുഖ്യ കാരണം അടുക്കളയാണ് അങ്ങനെ കൊണ്ടുപോകുന്നു ആചാര്യന്മാർ ഊണങ്ങൾ ശരിയാക്കണമെന്നാണ് ആദ്യം ശരീരത്തിലുള്ള ധാതുക്കൾ ശുദ്ധമാവണം തമോ ഗുണത്തിനെ അവിടെ നിന്ന് നിവൃത്തിപ്പിക്കണം സത്സംഗം കൊണ്ട് നിവർത്തിപ്പിക്കണം ആരാധന കൊണ്ട് നിവൃത്തിപ്പിക്കണം ശാസ്ത്ര വിചാരം കൊണ്ട് നിവർത്തിപ്പിക്കണം സദാചാരം കൊണ്ട് നിവർത്തിപ്പിക്കണം അങ്ങനെയൊക്കെ നിവർത്തിപ്പിച്ചിട്ടില്ലെങ്കിൽ തമോ ഗുണം അട്ടി അട്ടി അട്ടിയായിട്ട് അഴിഞ്ഞുകൂടി കഴിഞ്ഞാൽ ഉറങ്ങുക ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യാതിരിക്കുക ഹയർ ഐഡിയൽസിലൊക്കെ ശ്രദ്ധയില്ലാതിരിക്കുക ഇതാണ് താമസം ഉദാഹരണം അപ്പൊ മനസ്സിലായില്ലോ താമസിക്കാന്ന് തോന്നാ താമസം ഉദാഹൃതം അതായത് ഒരേ സ്ഥലത്ത് താമസിച്ചുകൊണ്ടിരിക്കും എന്നർത്ഥം അനങ്ങില്ലാർത്ഥം അതാണ് താമസം ഉദാഹൃതം ഇതാനീം പ്രകരണ ഉപസംഹരണാർത്ഥ ശ്ലോക പ്രകരണത്തിനെ ഉപസംഹരിക്കാനുള്ള ശ്ലോകം ആരംഭിക്കുകയാണ് അപ്പൊ നമ്മൾ ചോദിക്കുക സത്വഗുണം മാത്രമായിട്ടിരിക്കുക അങ്ങനെ ശ്രമിക്കണ്ടേ എന്ന് തോന്നുന്നു നമുക്ക് അപ്പൊ ഭഗവാൻ പറയാ അങ്ങനെ ഒരു വഴിയില്ല എന്നാണ് അടുത്ത ശ്ലോകം നോക്കൂ നീ പൃഥി ദുഃഖേ ഭൂമി ലോ സ്വർഗത്തിലോ എവിടേയും ൃതിയുടെ ഈ മൂന്ന് ഗുണങ്ങളും ചേരാത്ത ഒരു ആളില്ല സത്ത് സത്വഗുണം അധികമായിട്ടിരിക്കും രജോ ഗുണം തമോ ഗുണം കുറവായിട്ടിരിക്കും ഒരാളിൽ രജോ ഗുണം അധികമായിട്ടിരിക്കും സത്വഗുണം തമോ ഗുണം കുറവായിരിക്കും ഒരാളിൽ തമോ ഗുണം അധികമായിരിക്കും മറ്റു രണ്ടും കുറവായിരിക്കും എന്നല്ലാതെ സത്വം മാത്രമായിട്ടോ രജസ് മാത്രമായിട്ടോ തമോ ഗുണം മാത്രമായിട്ടോ ഒരു ക്രീച്ചർ ഒരു പ്രാണിയുമില്ല അപ്പൊ നമുക്ക് വിശ്വസിക്കാം അല്ലേ ഏതിന്റെ ഒന്നും അത് ഉണ്ടാവും ഉള്ളതും കൂടെ ഊതി വെറും അധികമാക്കിയാ മതി അപ്പോ രജോ ഗുണപ്രധാനിയായിട്ടുള്ളവൻ്റെ ഉള്ളിലും സത്വഗുണുണ്ട് തമോ ഗുണപ്രധാനി അതുകൊണ്ടാണ് ഭാഗവതത്തിൽ നോക്കൂ ഹിരണ്യകശുപുക്ക് ഗംഭീര വേദാന്തം പറയും ഹിരണ്ാക്ഷൻ മരിച്ചു കിടക്കുമ്പോ എല്ലാരും കരയണു അപ്പൊ ഹിരണ്യകശുപു എന്തിനാ കരയണത് ഒരിക്കലും കരയരുത് ആത്മാവിന് ജനനം എന്ന് അറിഞ്ഞിട്ട് നിങ്ങൾ എന്തിനാ കരയണത് അതിനു മുമ്പ് ഒരു ചോദ്യം ചോദിക്കും ആളുകളുടെ അടുത്ത് ഇരണ്യകശിപ്പ് ചോദിക്കുക ഈ കരയണവരോട് എന്തിനാ കരയണത് ഹിരണ്ാക്ഷൻ മരിച്ചു എന്ന് പറയും ഹിരണ്യാക്ഷനല്ലേ ഇതാ കിടക്കണത് ആ ശവം കിടക്കണ്ട അവിടെ ഹിരണ്യാക്ഷനല്ലേ കിടക്കണം പിന്നെ എന്തിനാ കരയണത് അല്ലല്ല ആ ഉള്ളിലുള്ളത് പോയി അത് നീ കണ്ടിട്ടേലോ ഒന്നും കരയരുത് നിന്ന് യാതൊരു വിധത്തിലും കരയരുത് ഉള്ളിലുള്ളത് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കരയരുത് അതിന്റെ ജനനമോ മരണമോ ഇല്ല അത് നിത്യവസ്തുവാണ് ഇത് വെറും പുറമേക്കുള്ള ചട്ടയല്ലേ എന്നൊക്കെ ഇരണ്ട കശിപ്പും പറയും നമുക്ക് തോന്നും എന്താ ഈ വ്യാസന എന്താ തലയ്ക്ക് സൂക്കേടുണ്ടോ ഈ ഇയാൾ അസുരനാണെന്ന് പറയണു ഇയാൾ വേദാന്തം പറയണു രാവണനും പറയും ധർമ്മശാസ്ത്രങ്ങളും വേദാന്തൊക്കെ രാവണ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് ഒരു വില്ലൻ മാത്രമായിട്ടാണ് അങ്ങനെ ഒരാളെ ചിത്രീകരിച്ചിട്ടില്ല തമിഴില് പാട്ടുകളിലൊക്കെ നോക്കിയാൽ ജ്ഞാനസംബന്ധർ എല്ലാ പാട്ടിലും പണ്ട ഇരാവണൻ പാടി ഉയിന്തനൻ വന്നിട്ടുണ്ട് രാവണൻ പാടി ശിവനെ അതൊക്കെ പറയും നെഗറ്റീവ് മാത്രമായിട്ടൊരു ക്യാരക്ടറെ ഇല്ല അപ്പോ എല്ലാ വസ്തുക്കളും ദേവന്മാരിലാണെങ്കിൽ ദേവന്മാരിൽ നോക്കുക അവർ ചെയ്ത കാര്യങ്ങളൊക്കെ ചെയ്യും ചിലപ്പോ മനുഷ്യനെ പോലെ മനുഷ്യനെക്കാളും നീചമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോ ഇന്ദ്രാദി ദേവതകളൊക്കെ ഒന്ന് ചെയ്യുന്നത് കാണാം എന്റെ ദേവന്മാരല്ലേ അതെ ചിലപ്പോൾ അവർ പ്രാകൃത തലത്തിലേക്ക് വരും അസുരന്മാർ ചിലപ്പോൾ വിഭീഷണനെ പോലെയുള്ളവരിൽ ഭക്തിയുടെ ആധിക്യം കാണും ഒന്നും പറയാൻ പറ്റില്ല